ധ്യായം ഒൻപത് എന്നാൽ ഹിത്യർ അമോര്യർ കനാന്യർ പെരിസ്യർ ഹിവ്യർ യബൂസ്യർ എന്നിങ്ങനെ യോർദാനിക്കരെ മലകളിലും താഴ്വരകളിലും ലബാനോനെതിരെ വലിയ കടലിന്റെ തീരങ്ങളിലുള്ള രാജാക്കന്മാരൊക്കെയും വസ്തുത കേട്ടപ്പോൾ യോശുവയോടും ഇസ്രയേലിനോടും യുദ്ധം ചെയ്യുവാൻ ഏകമനസ്സോടെ യോജിച്ചു എന്നാൽ യോശുവ എരിഹോമിനോടും ഹായിയോടും ചെയ്തത് ഗബെയോൻ നിവാസികൾ കേട്ടപ്പോൾ അവർ ഉപായം പ്രയോഗിച്ചു ഭക്ഷണ സാധനങ്ങൾ ഒരുക്കി പഴയ ചാക്കുകളും പഴയതും കീറിയതും തുന്നിക്കെട്ടിയതുമായ വീഞ്ഞുതുരുത്തികളും കഴുതപ്പുറത്ത് കയറ്റി പഴക്കം ചെന്ന് കണ്ടം വെച്ച ചെരുപ്പ് കാലിലും പഴയ വസ്ത്രം ദേഹത്തിന്മേലും ധരിച്ച് പുറപ്പെട്ടു അവരുടെ ഭക്ഷണത്തിനുള്ള അപ്പവും എല്ലാം ഉണങ്ങി പൂത്തിരുന്നു അവർ ഗിൽഗാലിൽ പാളയത്തിലേക്ക് യോശുവയുടെ അടുക്കൽ ചെന്ന് അവനോടും ഇസ്രയേൽ പുരുഷന്മാരോടും ഞങ്ങൾ ദൂരദേശത്തുനിന്ന് വന്നിരിക്കുന്നു ആകയാൽ ഞങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യണമെന്ന് പറഞ്ഞു ഇസ്രയേൽ പുരുഷന്മാർ ആ ഹിവ്യരോട് പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പാർക്കുന്നവരായിരിക്കും എന്നാൽ ഞങ്ങൾ നിങ്ങളോട് ഉടമ്പടി ചെയ്യുന്നത് എങ്ങനെ എന്നു പറഞ്ഞു അവർ യോശുവയോട് ഞങ്ങൾ നിന്റെ ദാസന്മാരാകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യോശുവ അവരോട് നിങ്ങൾ ആർ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു അവർ അവനോട് പറഞ്ഞത് അടിയങ്ങൾ നിന്റെ ദൈവമായ യഹോവയുടെ നാമം നിമിത്തം ഏറ്റവും ദൂരത്തുനിന്ന് വന്നിരിക്കുന്നു അവന്റെ കീർത്തിയും അവൻ മിസ്രൈമിൽ ചെയ്തതൊക്കെയും ഹെഷ്ബോൻ രാജാവായ സിഹോൻ അസ്തരോത്തിലെ ബാഷാൻ രാജാവായ ഓഗ് ഇങ്ങനെ യോർദാൻ അക്കരയുള്ള അമോരിയരുടെ രണ്ട് രാജാക്കന്മാരോടും അവൻ ചെയ്തതൊക്കെയും ഞങ്ങൾ കേട്ടിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ മൂപ്പന്മാരും ദേശനിവാസികൾ എല്ലാവരും ഞങ്ങളോട് വഴിക്ക് വേണ്ടുന്ന ഭക്ഷണസാധനമെടുത്ത് അവരെ ചെന്നു കണ്ട് ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാർ ആയിക്കൊള്ളാമെന്ന് അവരോട് പറയണമെന്ന് പറഞ്ഞു ആകയാൽ നിങ്ങൾ ഞങ്ങളോട് ഉടമ്പടി ചെയ്യണം ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവാൻ പുറപ്പെട്ട നാളിൽ ഭക്ഷണത്തിനായിട്ട് ഈ അപ്പം ചൂടോടെ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് എടുത്തതാകുന്നു അത് ഉണങ്ങി പൂത്തിരിക്കുന്നു ഞങ്ങൾ വീഞ്ഞ് നിറച്ചുകൊണ്ടു പോന്ന ഈ തുരുത്തികൾ പുത്തനായിരുന്നു ഇപ്പോൾ ഇതാ അവ കീറിയിരിക്കുന്നു ഞങ്ങളുടെ ഈ വസ്ത്രവും ചെരുപ്പും അതിദീർഘ യാത്രയാൽ പഴക്കമായും ഇരിക്കുന്നു അപ്പോൾ ഇസ്രയേൽ പുരുഷന്മാർ യഹോവയോട് ചോദിക്കാതെ അവരുടെ ഭക്ഷണ വാങ്ങി ആസ്വദിച്ചു യോശുവ അവരോട് സഖ്യതയും അവരെ ജീവനോടെ രക്ഷിക്കുമെന്ന് ഉടമ്പടിയും ചെയ്തു സഭയിലെ പ്രഭുക്കന്മാരും അവരോട് സത്യം ചെയ്തു ഉടമ്പടി ചെയ്തിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷം അവർ സമീപസ്ഥന്മാർ എന്നും തങ്ങളുടെ ഇടയിൽ പാർക്കുന്നവർ അവർ കേട്ടു ഇസ്രയേൽ മക്കൾ യാത്ര പുറപ്പെട്ടതിന്റെ മൂന്നാം ദിവസം അവരുടെ പട്ടണങ്ങളിൽ എത്തി അവരുടെ പട്ടണങ്ങൾ ഗിബയോൺ കെഫീര ബേരോത് കിരിയത് യയാരി എന്നിവ ആയിരുന്നു സഭയിലെ പ്രഭുക്കന്മാർ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയെക്കൊണ്ട് അവരോട് സത്യം ചെയ്തിരിക്കയാൽ ഇസ്രയേൽ മക്കൾ അവരെ സംഹരിച്ചില്ല എന്നാൽ സഭ മുഴുവനും പ്രഭുക്കന്മാരുടെ നേരെ പിറുപെറുത്തു പ്രഭുക്കന്മാർ എല്ലാവരും സർവസഭയോടും ഇസ്രയേലിന്റെ ദൈവമായ യഹോവയെക്കൊണ്ട് ഞങ്ങളവരോട് സത്യം ചെയ്തിരിക്കയാൽ നമുക്കവരെ തൊട്ടുകൂടാം നാം അവരോട് ഇങ്ങനെ ചെയ്ത് അവരെ ജീവനോടെ രക്ഷിക്കണം അല്ല ഞാൻ സത്യനിമിത്തം കോപം നമ്മുടെ മേൽ വരും എന്ന് പറഞ്ഞു അവർക്ക് വാക്കുകൊടുത്തതുപോലെ പ്രഭുക്കന്മാർ അവരോട് ഇവർ ജീവനോടെ ഇരിക്കട്ടെ എങ്കിലും അവർ സർവ്വസഭയ്ക്കും വിറക് കീറുന്നവരും വെള്ളം കോരുന്നവരും ആയിരിക്കണം എന്ന് പറഞ്ഞു പിന്നെ യോശുവ അവരെ വിളിച്ചവരോട് നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പാർത്തിരിക്കെ ബഹുദൂരസ്ഥന്മാർ എന്ന് പറഞ്ഞ് ഞങ്ങളെ വഞ്ചിച്ചത് എന്ത് ആകയാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവർ എന്റെ ദൈവത്തിന്റെ ആലയത്തിനു വേണ്ടി വിറക് വെള്ളം കോരുന്നവരുമായ അടിമകൾ നിങ്ങളിൽ ഒരിക്കലും ഇല്ലാതിരിക്കയില്ല എന്ന് പറഞ്ഞു അവർ യോശുവയോട് നിന്റെ ദൈവമായ യഹോവ തന്റെ ദാസനായ മോശയോട് നിങ്ങൾക്ക് ഈ ദേശമെല്ലാം തരുമെന്നും നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ ദേശനിവാസികളെ ഒക്കെയും നശിപ്പിക്കുമെന്നും കൽപ്പിച്ച പ്രകാരം അടിയങ്ങൾക്ക് അറിവ് കിട്ടിയതിനാൽ നിങ്ങളുടെ നിമിത്തം ഞങ്ങളുടെ ജീവനെക്കുറിച്ച് ഞങ്ങൾ ഏറ്റവും ഭയപ്പെട്ട് ഈ കാര്യം ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഇതാ ഞങ്ങൾ നിന്റെ കയ്യിൽ ഇരിക്കുന്നു നിനക്ക് ഹിതവും യുക്തവുമായി തോന്നുന്നത് ഞങ്ങളോട് ചെയ്തു കൊടുക്കാം എന്നുത്തരം പറഞ്ഞു അങ്ങനെ അവനവരോട് ചെയ്തു ഇസ്രയേൽ മക്കൾ അവരെ കൊല്ലാതെ അവരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു അന്ന് യോശുവ അവരെ സഭയ്ക്കും യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവന്റെ യാഗപീഠത്തിനും വേണ്ടി വിരക കീറുന്നവരും വെള്ളം കോരുന്നവരുമായി നിയമിച്ചു അങ്ങനെ ഇന്നുവരെയും ഇരിക്കുന്നു